ധ്യായം ഇരുപത്തി അഞ്ച് അതിന് ശൂഹ്യനായ ബിൽദാദ് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ ആധിപത്യവും ഭയങ്കരത്വവും അവന്റെ പക്കലുണ്ട് തന്റെ ഉന്നത സ്ഥലങ്ങളിൽ അവൻ സമാധാനം പാലിക്കുന്നു അവന്റെ സൈന്യങ്ങൾക്ക് സംഖ്യയുണ്ടോ അവന്റെ പ്രകാശം ആർക്ക് ഉദിക്കാതെയിരിക്കുന്നു മർത്യൻ ദൈവസന്നദ്ധിയിൽ എങ്ങനെ നീതിമാനാകും സ്ത്രീ പ്രസവിച്ചവൻ എങ്ങനെ നിർമ്മലനാകും ചന്ദ്രനുപോലും ശോഭയില്ലല്ലോ നക്ഷത്രങ്ങളും തൃക്കണ്ണിന് ശുദ്ധിയുള്ളവയല്ല പിന്നെ പുഴുവായിരിക്കുന്ന മർത്തിനും കൃമിയായിരിക്കുന്ന മനുഷ്യനും എങ്ങനെ